सत्या रे श्री ഗ്രോത ഫലം അത ആകരേതി ഭഗവൈതി പശ്യ ംവാച്യഭയസ്യണമോധ തിഷത്തി ശ്രദ്ധസ്വസ്വേ സേഷ അണിമാ ിം താത്മാശേതു ഭൂ ഭഗവാൻ വിജ്ഞാപയ തധസ്വമേ ഉച്ചച യേത പ്രത്യക്ഷീകർ ഇച്ഛ്യത്ത് അസ്മാഹത് നിഗ്രോത് ഫലം ആഹുരേ യുക്രഞ്ഞു ഇതമത്യന്തം സ്ഥൂലം പൃഥി ജഗദത്യന്തൂക്ഷ സദഗർ നമ രുപത് ജാതെ ജഗത്ത് നാമരൂപസഹിതമാണ് സ്ഥൂലമാണ് അത് നാമരൂപരഹിതമായ സൂക്ഷ്മത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടാകും രണ്ടും നിങ്ങൾ പരസ്പര ബന്ധം കാണുന്നുണ്ട് സത്ത് നാമരുപരഹിതം പരമാർത്ഥത്തിൽ സത്ത് എന്നുള്ള ശബ്ദം കൊണ്ട് വ്യവഹരിക്കുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ അത് നാമരുപരഹിതമാണ് ജഗത്ത് നാമരൂപ സഹിതം ഇതെങ്ങനെ യോജിക്കും ഒരു നിയമമുണ്ട് ഒരു കാരണത്തിൽ നിന്ന് ഒരു കാര്യമുണ്ടായാൽ അത് കാരണത്തിന്റെ സ്വഭാവം തന്നെ വരണം കാര്യത്തില്ല മൃത്തിൽ നിന്ന് പാത്രം ഉണ്ടായാൽ പാത്രത്തിന് മൃത്തിന്റെ സ്വഭാവം വരും നൂലിൽ നിന്ന് വസ്ത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ വസ്ത്രത്തിന് നൂലിന്റെ സ്വഭാവം വരണം ഇവിടെ അങ്ങനെയല്ല ഇവിടെ വരുന്ന സ്വഭാവ വ്യത്യാസം എന്താണ് ഒന്ന് സൂക്ഷ്മം മറ്റൊന്ന് സ്ഥൂലം ഇതെങ്ങനെ ഒത്തുചേരും സൂക്ഷ്മത്തിൽ നിന്നെങ്ങനെ സ്ഥൂലം ഉണ്ടാകും സൃഷ്ടിയിൽ വരുമ്പോൾ സൂക്ഷ്മം എങ്ങനെയാണ് സ്ഥൂലമാകുന്നത് അതിന് ഉദാഹരണം പറയുന്നു നിഗ്രോധ എത്തിയത് പ്രത്യക്ഷകൾക്ക് വിച്ഛസിനക്കിതിനെ വ്യക്തമായി ബോധിക്കണോ എന്നാണ് ഈ പറയുന്ന തത്വത്തെ സത്തിൽ നിന്നാണ് സൃഷ്ടി ജഗത്തിന് കാരണം സത്താണ് ഇതിന് സംശയവിപരീതരഹിതമായി ഗ്രഹിക്കുക അതാണ് പ്രത്യക്ഷീകരണം അത് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അസ്മാത്മാവന്റെ ഗ്രോതാഫലം ഏകം ആഹാരാതായി മുമ്പിൽ നിൽക്കുന്ന വലിയ വടവൃക്ഷത്തിൽ ഒരു ഫലത്തെ ഫലമേകം ആഹാരം തഥാ ചാരെ പുത്രൻ പോയി ആൻ്റെ വീട്ടിൽ നിന്നൊരു ഫലത്തെ കൊണ്ടുവന്നു ബഹൃദം ഫലം ഈ ദർശിതമെന്നും പ്രത്യാഹ ചരിത എന്ന് പറഞ്ഞു പിതാവിന്റെ മുമ്പിൽ അതിന്റെ വടവൃക്ഷത്തിന്റെ ഫലത്തെ കൊണ്ടുവന്നു മുമ്പിൽ വെച്ച് പിതാവ് പറയുന്നു ഫലം ഭിന്ദി നീ അതിനെ പിളർത്തുക ഭിന്നിത്യാഹീതര ഞാനതിനെ പിളർന്നിരിക്കുന്നു ഉത്തമാ പിതാക്കി മത്ര വശ്യസി ശരി എന്താ നീ അതിനകത്ത് കാണുന്നത് എന്താണ് അണ്യോ അണുതര ബീജാനി പശ്യാമി ഭഗവീതി ഇതിന്റെ അകത്ത് വളരെ കടകിനേക്കാളും ചെറുതാ ബീജങ്ങളാണ് കാണുന്നത് അതിന്റെ വിത്തുകൾ അതാണ് കാണുന്നത് വളരെ സൂക്ഷ്മമായ വിത്തുകളാണ് അസാന്ധന ഏകാം ധാനമങ്ക ശരി ഒരു കാര്യം ചെയ്യുക അതിൽ നിന്ന് ഒരു വിത്തിനെടുക്കുക ആ വിത്തിനെ വന്നിട്ട് അതിനെ പിളർക്കുക വിന്നാഭവൈദി ശരി ഞാനതിനെ പിളർന്നു ഇത് ഭിന്നാ ധനാ തസ്യാം ഭിന്നായ കിം പശ്യസി ശരിയാ അതി സൂക്ഷ്മമായ ആൽവ്യത്തിനെ പിളർന്നപ്പോ എന്താ കണ്ടത് നകഞ്ചന പശ്യാമിന്നും കാണാനില്ല അതിനകത്തൊന്നും തന്നെ കാണുന്നില്ല ഭിത്തിനകത്ത് എന്താണ് കാണാൻ കഴിയില്ല ിമത്ര പശ്യസിന് ഭഗവീം പുത്രം ആ വിത്തിന്റെ ഉള്ളിൽ ഒരു സൂക്ഷ്മതയുണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒന്നും സൂക്ഷ്മ അത് നിബാലും നീ കാണുന്നില്ല നീ ആ വിത്തനെ കാണുന്നുണ്ട് പക്ഷെ വിത്തിന്റെ ഉള്ളിലിരിക്കുന്ന അസൂക്ഷ്മതയെ അവിടെ അവസാനിക്കുന്നു അതാണ് ഈ വടവൃക്ഷത്തിന് കാരണമായത് ഇപ്പൊ നാം ഒരു വാഗ്മുമായി ഇത്രയും അത് സൂക്ഷ്മമാണ് രണ്ടും രണ്ട് തരത്തിലായല്ലോ stulatna karanam sushumayi asushumatran nanna karyamayi stula undagunnadi ipatellinu tadapi eta siva yiklesaumesha mahan maha nigrodho bijasya nimra sushmaasya adrshimanassya karyabooda stula sakha standa bhala phala savan tishtati utpanna asan uttishta deeva vaa usabda arthahari o ഏദസ്വൈകര സ്വാമി പറയുന്നു അത് മനസ്സിലാക്കുക മഹാൻ ഈ നഗ്രോ ഈ വടവ് ക്ഷേത്ര വലുതാണ് ആന് അതിന്റെ ബീജം അതെത്ര ചെറുതാണ് അതിൻ്റെ ഉള്ളിൽ ആണിതിന് കാരണമായ സൂക്ഷ്മതയിരിക്കുന്നത് കാരണം ആ ബീജത്തെ പൊളിച്ചു കഴിഞ്ഞപ്പോൾ വരും തോടായി പക്ഷെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സൂക്ഷ്മസ്യ അതിസൂക്ഷ്മമായി ഒന്നിരിക്കുന്നു കാണുന്നുണ്ടല്ലോ കാണാൻ കഴിയാത്ത ഒന്നും അതിനകത്തുണ്ട് അതിന് പറയാൻ പറ്റും അദൃശ്യമാനസ്യ കാണാൻ കഴിയുന്നില്ല അതിന്റെ കാര്യ ബോധസ്ഥൂല അതിന്റെ കാര്യമാണ് ഈ കാണുന്ന സ്ഥൂലമായത് ശാഖകളുണ്ട് തായ്തടിയുണ്ട് ഫലങ്ങളുണ്ട് ഇലകളുണ്ട് തളിയിലകളുണ്ട് അങ്ങനെ ഇതിലൊന്നും ഉയർന്നു വന്നു ഉത്തിഷ്ട ഇതിൽ പ്രകടമായി വന്ന് ഇത്ര ഉയർന്ന് സ്ഥൂലമായി ബൃഹത്തായി നിലനിൽക്കുന്നത് അവര് ശൂന്യതയിൽ നിന്നാണ് ശൂന്യത എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത്തിൽ നിന്നാണ് കാണുമ്പോ ശൂന്യമാണ് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ശൂന്യമാണ് പക്ഷെ അവിടെ ഒരു സൂക്ഷ്മമുണ്ട് സൂക്ഷ്മമായ ഒരു തത്വം അതിലുണ്ട് അതിന്റെ പീജം അതിൽ നിന്ന് സ്ഥൂലം ഉണ്ടാകാമല്ലോ അപ്പൊ ഈ സ്ഥൂലമായ ഈ പ്രപഞ്ചം സൂക്ഷ്മമായ ഒന്നിൽ നിന്നും ഉണ്ടാകാം കാരണം പോലെ തന്നെ കാര്യം വേണം അത് ശരിയാണ് കാരണം പോലെ തന്നെയാണ് കാര്യം ആൽ ആലേ ഉണ്ടാകത്തുള്ളൂ മറ്റൊരു വീക്ഷം ഉണ്ടാകത്തുള്ളൂ അപ്പൊ അവിടെ നിയമത്തിന് മാറ്റമൊന്നുമില്ല പക്ഷെ ഇവിടെ വരുന്ന മാറ്റം എന്താണ് കാരണം സൂക്ഷ്മമാണ് കാര്യം സ്ഥൂലമാണ് ഇത് നിയമമാണ് ഈ നിയമത്തെ കൂടി സ്വീകരിച്ചാണ് അങ്ങനെയൊരു നിയമമുണ്ട് കാര്യകാരണങ്ങൾ സമാന സ്വഭാവമായിരിക്കുമെന്ന് പറയുന്നത് പോലെ കാര്യം സൂക്ഷ്മമാണെങ്കിൽ അതിൽ നിന്ന് സ്ഥൂലമായ കാര്യം ഉണ്ടാകാം എന്നുള്ളതും കാര്യകാരണ നിയമമാണ് അതിന് ദൃഷ്ടാന്തമാണ് വടബീജർ അതുകൊണ്ട് സൂക്ഷ്മമായ സത്ത് അത് പറയുന്നത് ആ വിത്ത് കാണാൻ കഴിയുന്നുണ്ടോ ഇന്ദ്രിയ വിഷയമല്ലല്ലോ ഒന്നാണ് ുദ്ധിക്കും വിഷയമാകുന്നില്ല അപ്പോൾ ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും വിഷയമല്ലാതിരിക്കുന്ന സ്വത്തിൽ നിന്ന് പരമാർത്ഥ സത്തിൽ നിന്ന് ഈ വ്യവഹാരികമായ ഈ ജഗത്ത് പ്രകടമാകാം അത് ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും വിഷയമാകുന്നതാണോ ഇതും സൃഷ്ടിയുടെ നിയമമാണ് സൃഷ്ടിയുടെ നിയമത്തിന് അപ്രാമില്ല ഇതിൽ വൈരുദ്ധ്യം കാണേണ്ട കാര്യമില്ല സാമാന്യദൃഷ്ടിയിൽ വൈരുദ്ധ്യമില്ല ഇന്ദ്രിയ വിഷയമല്ലാത്ത ഇന്ദ്രിയ വിഷയം ഉണ്ടാകുന്നു സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലം ഉണ്ടാകുന്നു അതീന്ദ്രിയമായതിൽ നിന്ന് സേന്ദ്രിയമായ വിഷയങ്ങളുണ്ടാകുന്നു മനസ്സിന് അതീതമായിരിക്കുന്നതിൽ നിന്ന് മനസിന്റെ വിഷയങ്ങളുണ്ടാകും ഇത് വൈരുദ്ധ്യം പോലെ തോന്നും സാധാരണ വ്യക്തിക്ക് പക്ഷെ ശ്രുതിയുടെ വ്യക്തിയിൽ വൈരുദ്ധ്യമില്ല എന്തുകൊണ്ട് ഒന്ന് പാരമാർത്ഥികം മറ്റൊന്ന് വ്യാവഹാരികം ഇവിടെയെല്ലാം അദ്വൈതം നമ്മൾ കേൾക്കുമ്പോൾ പരസ്പര വിരുദ്ധമായി തോന്നുന്നു അങ്ങനെ തോന്നാൻ പറഞ്ഞത് ഇന്നലെ പറഞ്ഞാലോ ഇന്ന് പറയുന്നു ഇന്നലെ കേട്ടതല്ല ഇന്ന് കേട്ടതെന്ന് തോന്നാം അങ്ങനെ വരുന്ന സർവത്ര അതിനെ രണ്ടായിട്ടിരിക്കും ആ വിരോധത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നിനെ പാരമാർത്ഥികവും ഒന്നിനെ വ്യാവഹാരികമായിട്ട് എടുക്കും അല്ലെങ്കിൽ ഈ വിരോധം ഒരു സൂക്ഷ്മത്തിൽ എന്നങ്ങനെ സ്ഥൂലുണ്ടാകും പ്രത്യക്ഷമായ അനുഭവത്തിൽ പ്രപഞ്ചത്തിൽ അത് കാണുന്നുണ്ടെങ്കിലും അതൊരു വിരുദ്ധമാണല്ലോ എന്ന് തോന്നും അത് അദ്വൈതത്തിന്റെ രീതിയാണ് തതേ ജതി തന്നെ തദന്തര ഭാഷ്യ പറയുന്ന രീതി പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഇവിടെ എല്ലായിടത്തും ഇത് തന്നെയാണ് ഓരോരുടെ ഇതിൽ സമന്വയിപ്പിക്കുക ആ സമന്വയ ദൃഷ്ടി ഉള്ള ഒരാള് എന്ത് പറഞ്ഞാലും അത് അദ്വൈതം തന്നെ അദ്വൈതത്തെ സമന്വയിപ്പിക്കാമെന്ന് മാത്രമല്ല എന്തു പറഞ്ഞാലും അത് അദ്വൈതമായിട്ട് മാറും കാരണം ആ രണ്ട് തലത്തെ ഇതിന് രണ്ടിനും നിലനിൽക്കൊണ്ടുവന്നു പരമാർത്ഥികമായ തലത്തിൽ മറ്റൊന്നും വ്യാവഹാരികമായ തലത്തിൽ അതുകൊണ്ട് അത് ഇതും വിരോധമില്ല നമുക്കിങ്ങനെ തോന്നും ഈ തത്വത്തെ മനസ്സിലാക്കി ശബ്ദാത്യാഹാരി അങ്ങനെ ആസൂക്ഷ്മത്തിൽ നിന്ന് വന്നു പ്രകടമായി വളർന്നു ഉയർന്നു വളരെ വിശാലമായി പ്രത്യക്ഷമായി നിൽക്കുന്നു എന്നുള്ള അർത്ഥം എടുക്കാം അത് ശ്രദ്ധസ്തു സൗമ്യ സദേവാണ് ഹസ്തൂരന് നാമ രൂപാധിമത് കാര്യം ജഗതുപ്പന്നമിരിസ്വടെ ോത്താവ് ശ്രവണം ചെയ്യുന്ന ആള് മനസ്സുകാരനല്ല വേദാധ്യനമൊക്കെ ചെയ്ത ആളാണ് അപ്പോ വേദാധ്യനം ചെയ്യുന്നോണ്ട് കൂടുതൽ ശാസ്ത്രബോധമുള്ള ഗുണമുണ്ട് ദോഷമുണ്ട് ദോഷം വരുന്നെന്താണ് കൂടുതൽ പൂർവ്വപക്ഷങ്ങൾ മനസ്സ് വരും കൂടുതൽ ചിന്തിക്കും ചോദ്യങ്ങൾ മനസ്സിൽ ഗുണമെന്ന് പറയുന്നത് എന്താണോ അതെളുപ്പം പരിഹരിക്കാൻ പറ്റും എന്നിട്ട് എളുപ്പം അയാളെ സത്യത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റും അപ്പോൾ സിദ്ധാന്തത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ മനസ്സ് കൂടുതലും പൂർവപക്ഷത്തിലാണെങ്കിൽ സിദ്ധാന്തം ഗ്രഹിക്കാൻ പ്രയാസം അങ്ങനെ സാധാരണ സംഭവിക്കാം കാര്യം ആ തത്വത്തെ വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക അത് അങ്ങനെ ശരിയാകും അതെങ്ങനെയാകും അത് എങ്ങനെയും ശരിയാകാം എന്നുള്ളതിന് പകരം അത് ശരിയാകാനുള്ള വഴി നമുക്ക് എല്ലാം മറിച്ച് അത് എങ്ങനെ ശരിയാകാതിരിക്കാം അങ്ങനെ ചിന്തിക്കാം വിപരീത ഭാവന വിരുദ്ധ ഭാവന ഇതും മനസ്സ് കിടന്നു മനസ്സിന്റെ ഒരു സ്വഭാവമാണ് ചിലരെ മനസ്സിലത് കൂടുതലായി അങ്ങനെ വന്നുകഴിഞ്ഞാൽ മനസ്സെപ്പോഴും വികല്പാവസ്ഥയിലായി മനസ്സ് വിരുദ്ധ കോടിയിലായിരിക്കും അത് അങ്ങനെ ആകാമോ ഇങ്ങനെയാകാമോ ഇവിടെ അങ്ങനെയല്ല നേരിട്ട് ബോധിപ്പിക്കണ തത്വം മസി അത് ഇനിയാണ് അതിന് പിന്നെ വേറെ വികല്പങ്ങളൊന്നും ഇല്ല രണ്ട് കോടിയിൽ സദാത്മ ഏകത്വം എന്നാണ് ബോധിപ്പിക്കുന്നത് പക്ഷെ കേൾക്കുന്നവന് പലതും മനസ്സിൽ വരാം അതങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്തുകൊണ്ടങ്ങനെ സംഭവിക്കും ചോദ്യങ്ങൾ അതാണ് പൂർവ്വപക്ഷം എന്ന് പറയുന്ന വികല്പങ്ങൾ അപ്പം മനസ്സിന് സിദ്ധാന്തത്തിൽ ഊന്നി നടത്താൻ കഴിയില്ല ഉറപ്പിച്ച് നടത്താൻ കഴിയില്ല അവിടെയാണ് പറയുന്നത് ശ്രദ്ധസിക്കണം നമ്മളൊരു കാര്യം സാധാരണ ലൗകികമായൊരു കാര്യം ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നു ഒരേ കാര്യം തന്നെ പലതവണ പറയുന്നു ഓരോ തവണ കേൾക്കുമ്പോഴും വീണ്ടും ചോദിക്കുന്നു അതെങ്ങനെ അതെങ്ങനെയെന്ന് വീണ്ടും ചോദിക്കുന്നു അവസാനം സൈ കെട്ട് പറയുന്നു കുറച്ചുകൂടി ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കത്ത് മസീദെന്ന് പറഞ്ഞപ്പോൾ ഉപദേശം ഇവിടെ അവസാനിച്ചു പക്ഷെ കേൾക്കുന്നവന് കാര്യം പിടി കിട്ടുന്നില്ല അത് ലൗകികമായാലും ശരി ആത്മീയമായാലും ശരി ഈ പ്രശ്നം ഉണ്ടാവും പിന്നെ ഒരു വഴിയുള്ള എന്താണ് നീ ശ്രദ്ധിക്കുക ഇതുവരെ പറഞ്ഞ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതുകൊണ്ട് തന്നെ കാര്യം പിടികിട്ടിരുന്നു ഇതുവരെ പറഞ്ഞ് ശ്രദ്ധിച്ചില്ല വേണ്ടവണ് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക അതുകൊണ്ട് സർവത്ര ആധ്യാത്മിക ശാസ്ത്ര ഉപദേശത്തിലെല്ലായിടത്തും പറയും ശ്രദ്ധാഭിമുഖ്യമാണ് ശ്രദ്ധസ് സൗമ്യം ശ്രദ്ധ സാധാരണഗതി നമ്മൾ പറയും ശാസ്ത്രസ്യ ഗുരുവാക്യസ് സത്യബുദ്ധി വളച്ച സത്യബുദ്ധി ചിലപ്പോഴും വിശ്വാസം അതെല്ലാം ശരിയാണ് കാരണം ശ്രദ്ധയ്ക്ക് പല മാനങ്ങളുണ്ട് അതെല്ലാം ശ്രദ്ധയിൽ വരുന്നുണ്ട് അത് ഊരർത്ഥമല്ല പല അർത്ഥമുള്ളതാണ് ശ്രദ്ധ അവർ പഠിക്കുന്ന കുട്ടിയോട് അവന് പഠിപ്പിച്ചിട്ട് അവനോട്ടും മനസ്സിലാകുന്നില്ല വീണ്ടും പഠിപ്പിക്കുന്നു മനസ്സിലാവുന്നില്ല മുമ്പിൽ നിനക്ക് ശ്രദ്ധയില്ലാത്തോണ്ടാണ് ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ എന്താ നേരിട്ടുള്ള അർത്ഥം ശ്രദ്ധയില്ലാത്തോണ്ടും ഇത് വിടിയാതെ തന്നെ പറയുന്നു എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല ശ്രദ്ധയില്ല അപ്പൊ ശ്രദ്ധയെന്ന് പറഞ്ഞെന്താ അവിടെ താത്പര്യം നിനക്കതിനൊട്ട് ശ്രദ്ധയില്ല എന്ന് വെച്ചാൽ നിനക്കതിൽ താല്പര്യമില്ല താത്പര്യം പറഞ്ഞ തത്പരത ഏതൊരു വിഷയത്തെയാണോ ഗ്രഹിക്കേണ്ടത് ആ വിഷയപരത വരണം ശ്രദ്ധ വരേണ്ടത് മനസ്സിലാ വിഷയം മാത്രമേ വരാവൂ എന്നർത്ഥം പരം എന്ന് വെച്ചാൽ മുഖ്യം ഏകം കേവലം ആ വിഷയം മാത്രമേ വരാൂ മറ്റൊരു വിഷയം കടന്നു വരാൻ പാടില്ല അതില്ല അതാണ് താത്പര്യം എന്ന് പറയുന്നത് തത്പരം തത്സ്യഭാവം താത്പര്യം തത്പരത എന്ന് പറയും അപ്പോൾ ഒരു വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ അത് മാത്രമായിരിക്കുക മനസ്സിൽ മനസ്സതിന് മാത്രം ഗ്രഹിക്കുക ൂർവക്ഷങ്ങളില്ലാതെ തത്വത്തെ മാത്രം കഴിയില്ല മനസ്സിന് തത്വത്തിലുറപ്പില്ല ആ താത്പര്യം അതാണ് ശ്രദ്ധ അതില്ലാത്തോണ്ടാണ് ചോദ്യം വരും അതെങ്ങനെ സംഭവിക്കും അതെങ്ങനെയാകും ചോദ്യം തെറ്റെന്നുള്ളതല്ല ആ ചോദ്യത്തിന് സമാധാനം ബോധിപ്പിച്ചാലും വീണ്ടും ആ ചോദ്യം നിക്കുന്നതാണ് സാധാരണ അവിടെയാണ് വീണത് ചോദ്യം വരുന്നതിൽ പൂർവപക്ഷം ഇല്ലാതെ സിദ്ധാന്തം മനസ്സിലാകത്തില്ല പക്ഷെ കുറവക്ഷം കൊണ്ട് കുറവക്ഷത്തിന് സമാധാനം പറഞ്ഞ് സംശയത്തെ നിവർത്തിപ്പിച്ചാലും വീണ്ടും ആ സംശയം അതേ സംശയം കിടന്ന് കഴിയും വീണ്ടും വീണ്ടും ആ ചോദ്യം ആവർത്തിക്കും എന്താ സ്പഷ്ടാത്പര്യമില്ല മനസ്സിന് ഇവിടെ എന്താ വിഷയം സത്താണ് വിഷയം സദാത്മേകത്വം അപ്പൊ മനസ്സ് ആ താത്പര്യം വരുന്നത് തത്പരത വരുന്നത് അതാണ് ശ്രദ്ധാമയോ എം പുരുഷ പുരുഷനെ കുറിച്ച് പറയുമ്പോൾ വന്നിട്ടുണ്ട് ശ്രദ്ധാമയനാണ് ആ തത്പരത വരണ സന്മയ മനസ്സിൽ പറഞ്ഞത് കാരണം ഇവിടെ ബാഹ്യമായ ഒരു തത്വത്തെ അല്ല പറയുന്നു തത്വം ഇവിടെ അനന്യമാണ് അനന്യം എന്ന് പറയുമ്പം എന്തിനോട് അനന്യം തത്വ ശ്രവിക്കുന്നത് ആരായി തത്വ ശ്രവിക്കുന്ന മനസ്സാണ് അങ്ങനെ ഒരു വിഷയം കിട്ടാൻ പ്രയാസമാണ് സത്ത കണക്ക് സയൻസൊക്കെ പഠിക്കുമ്പോൾ വിഷയം അന്യമായി പോകുന്നു ബാഹ്യമായി പോകുന്നു ഇവിടെ അതല്ല ഇവിടെ വിഷയം സത്താണ് ശൈത്രിഗ്രഹിക്കുന്ന മനസ്സാണ് മനസ്സ് ആ തന്മയമാകണം തത്പരമാകണം സന്മയമാകണമെന്നർത്ഥം അതാണ് അതങ്ങനെ സംഭവിക്കും കാരണം മനസ്സിന്റെ സ്വരൂപം അതാണ് സത്താണ് സത്തിലാണ് മനസ്സ് പ്രകാശിക്കുന്നത് താത്പര്യം എന്ന് പറയുന്ന ഇവിടെ കണക്കോ സയൻസ് പോലെയല്ല അവിടെ മനസ്സ് വിഷയം നഷ്ടമാകും ബാഹ്യ വിഷയം നഷ്ടമാകും അവിടെ നമ്മൾ പറയും എന്താണ് പുസ്തകത്തെ കാണുന്നു പുസ്തകത്തെ മനസ്സ് ഗ്രഹിക്കുന്നതും പറയും അത് വേറെ പറയും മനസ്സ് വിഷയ രൂപത്തിലാകുന്നതെന്ന് പറയും അങ്ങനെ പറയും അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം എന്താണോ അദ്വൈതത്തിൽ തന്നെ സാങ്കേതികമായി പറയുമ്പോൾ പറയും മനസ്സ് ബ്രഹ്മാകാരമാകുന്നു പറയും കേട്ടുകഴിഞ്ഞാൽ എന്തോ ഒരു പോലെ നമുക്ക് തോന്നും ബ്രഹ്മാകാരപ്പെടുത്തി ചർമ്മപ്പെടുത്തി അഖണ്ഡാകാരപ്പെടുത്തി വിവേകപ്പെടുത്തി ഇങ്ങനെയൊക്കെയുള്ള പല ഭാഷകളിൽ സാങ്കേതിക വേദാന്തം ഒന്നു പറയും അതിനിങ്ങനെ പറയും അപ്പോൾ നമ്മൾക്ക് തോന്നും എന്താണ് ആ ബ്രഹ്മം എന്ന് പറയുന്നൊരു വലിയ സാധനമുണ്ട് മനസ്സ് പോയിട്ട് അതിന്റെ രൂപത്തെ പ്രാപിക്കുന്നു അതിന്റെ ആകാരത്തെ പ്രാപിക്കുന്നു എന്നൊക്കെയുള്ള ഭാവനകൾ നമ്മളെ മനസ്സിൽ വരും അതിനു പിന്നെ അതെങ്ങനെ എന്നാകുന്നതിനെ പ്രതീക്ഷിച്ചിരിക്കും അതല്ല തത്പരത എന്ന് പറയുന്നു അത് തന്നെ പക്ഷെ അതിൻ്റെ താൽപ്പര്യം അതാണ് അതെല്ലാന്നു അത് സത്മയമായി തീരുന്നു മനസ്സ് അതാണ് താത്പര്യം അങ്ങനെ ആയിത്തീരുന്നു എന്തുകൊണ്ടും മനസ്സ് അതാണ് സത്താണ് മനസ്സ് അപ്പൊ മനസ്സിനെ ഗ്രഹിക്കാൻ തുടങ്ങുന്നു മനസ്സിനെ ഗ്രഹിക്കുന്നു ഗ്രഹിക്കുമ്പോ അതിന്റെ സ്വഭാവം മാറി ഇതുപോലെ അഗ്നി എണ്ണയും സ്ഥിരയും എല്ലാം ഇട്ട് അത് അഗ്നിയെ ഗ്രഹിക്കാൻ തുടങ്ങും അപ്പത് രണ്ടു രീതികളാണ് സ്ഥിരീ അഗ്നിയെ സ്വീകരിക്കാൻ തുടങ്ങും പക്ഷെ അഗ്നി അതിൽ ജ്വലിച്ചാലോ ജ്വലിച്ചുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ രണ്ടില്ല സ്വയം അത് അഗ്നിമയമായി തീർന്നു എന്നാലും ജ്വലിക്കാൻ അത് ഗ്രഹിക്കാൻ വരുമ്പടുമ്പോ രണ്ടായിരിക്കുകയാണ് അഗ്നിപേര് തിരി പേര് അത് ഗ്രഹിച്ചു കഴിയുമ്പോൾ സ്വയം അത് അഗ്നിമയമായി തിരികയാണ് നമ്മളത് വേർതിരിക്കാൻ വേണ്ടി ഇത് തിരിയാണ് ഇത് അഗ്നിയാണെന്ന് വേർതിരിക്കാൻ പറ്റില്ല എവിടെയാണോ അത് ഗ്രഹിച്ചിരിക്കുന്ന അവിടെ രണ്ടില്ല തിരി സ്വയം അഗ്നിയായി തന്നെ മാറി അതുപോലെ പറയും ജ്ഞാനത്തിന്റെ ഇന്ധനമാണ് മനസ്സ് മനസ്സാകുന്ന ഇന്ധനത്തിലാണ് ഞാനും പ്രകാശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിനെ ഗ്രഹിക്കുമ്പോൾ മനസ്സ് സ്വയം സദ്മയമായി തീരും മനസ്സ് വേറിട്ട് നിൽക്കുന്നുണ്ട് മനസ്സായി തീരുന്നു അത് ആ തത്വത്തെ മറ്റു വിഷയത്തെ ഗ്രഹിക്കുന്ന പോലെയാണ് മറ്റു വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ അങ്ങനെയല്ല എന്റെ മനസ്സ് എന്റെ മനസ്സിന്റെ വിഷയമായ പുസ്തകത്തെ ഗ്രഹിക്കുന്നു പുസ്തകം വേറെ മനസ്സ് വേറെ ഇതിനെയൊക്കെ നമുക്ക് വേർതിരിച്ച് അറിയാൻ ഇവിടെ അങ്ങനെയാണ് അത് സ്വയം ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് സ്വയം അതായി തീ അതാണ് തത്പരതാകുന്നത് പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ സദ്വിഷയത്തിൽ അങ്ങനെ മനസ്സ് മാറുമ്പോ അവിടെ പിന്നെ സംശയമില്ല വീടിന് ചോദ്യമില്ല എങ്ങനെയാണ് അത് ശരിയാകും ഒന്നുകൂടി അതിനെ വ്യക്തമാക്കണം അപ്പൊ അതാണ് ശ്രദ്ധയുടെ മുഖ്യമായ അളപ്പം ആ താത്പര്യം അത് വിഷയഗ്രഹണത്തിലുള്ള താത്പര്യം പോലെ അല്ല സദ്ഗ്രഹണത്തിലുള്ള താല്പര്യം സദ്ഗ്രഹണത്തിൽ അവിടെ ഗ്രഹണവും വിഷയവും രണ്ടായി നിൽക്കുന്നില്ല മനസ്സ്വയം അതായി തന്നെ മാറുന്നു കാരണം അതാണ് മനസ്സിനാധാർ അതിൻ്റെ തന്നെ പ്രകാശമാണ് മനസ്സ് അവരിവിടെ രണ്ടായി നിൽക്കാൻ നമുക്ക് തന്നെ അഗ്നിയും ഇന്ധുനത്തെയും നമുക്ക് വീട്തിരിക്കാൻ കഴിയാത്ത രണ്ടിനെയും നമ്മൾ പറയുന്നെന്താണ് ജ്വലനം ഒന്ന് തന്നെ രണ്ടില്ല ആ താത്പര്യം അത് വരണം അതാണ് താത്പര്യത്തിന്റെ പരമാവധി എന്ന് പറയുന്നത് പിന്നെ സാമാന്യമായി പറഞ്ഞാൽ എന്താണ് ഈ വകല്പങ്ങളില്ലാതെ കൂറുവർഷങ്ങളില്ലാതെ അതിനെ മനസ്സിഗ്രഹിക്കാൻ ശ്രമിക്കുക കൂറുവക്ഷങ്ങൾ വരുന്നു അതിന് സമാധാനം വരുന്നു അസംശയം അല്ലെങ്കിൽ അജ്ഞാനം അല്ലെങ്കിൽ ഭ്രമം നിവർത്തിക്കുന്നു വീണ്ടും അത് അതൊക്കെയാണ് ഈ പൂർവ്വപക്ഷത്തിന്റെ രൂപത്തി വരുന്നത് പൂർവ്വപക്ഷം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ചോദ്യം ചോദ്യ വരുന്നത് അപ്പൊ അതില്ലാതെ അതങ്ങനെ സംഭവിക്കാം എന്നുള്ള രീതിയിൽ ആ താത്പര്യം മനസ്സിൽ വരിക ശ്രദ്ധയ്ക്ക് വേറെ അടക്കമുണ്ട് ഗുരുവിൽ ശ്രദ്ധയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താണോ അങ്ങനെ പിന്നെ ഒരു ശ്രദ്ധയുണ്ടായി ഇപ്പോ ആ ശ്രദ്ധ കുറവാണ് എന്ന് പറഞ്ഞാൽ അവിടെ ആദരവ് ബഹുമാൻ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് ശ്രദ്ധയ്ക്ക് ആ അർത്ഥം യോജിക്കുക ശ്രദ്ധയ്ക്ക് അതിനോട് ആദരവുണ്ടായിരിക്കുക അതിനോട് ബഹുമാനം ഉണ്ടായിരിക്കുക അതിൽ വിപരീത ഭാവനകളൊന്നും ഇല്ലാതിരിക്കുക അങ്ങനെ വരുമ്പോഴും മനസ്സിനെ ഉൾക്കൊള്ളാൻ പറ്റും സാധാരണ നമ്മളങ്ങനെ പറയാറുള്ളത് മനസ്സ് വിഷയത്തെ ഉൾക്കൊള്ളുന്നു ഇവിടെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് മാത്രം വിഷയം മനസ്സിനെ ഉൾക്കൊള്ളുക തിരിച്ച സംഭവിക്കുന്നു മനസ്സിതിനെ ഉൾക്കൊള്ളുകയല്ല ഇത് മനസ്സിനെ ഉൾക്കൊള്ളുകയാണ് മനസ്സിന്റെ ഉയർന്ന ഭാവങ്ങളിലെല്ലാം അതാ സംഭവിക്കുന്നത് മനസ്സ് വിഷയത്തെ ഉൾക്കൊള്ളുന്നതിന് വേറെ വിഷയം മനസ്സിനെ ഉൾക്കൊള്ളും എന്നുവെച്ചാൽ മനസ്സ് തന്മയമായി മാറും സ്വയം അതായി മാറും അതാണ് നേരത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞു അഗ്നിയുടെ ഉദാഹരണം പറഞ്ഞു ഭക്തിയെക്കുറിച്ച് പറയും അത് മനസ്സിന്റെ ഏറ്റവും ഉയർന്ന ഭാവമാണ് ആ ഉയർന്ന ഭാവത്തിന് അത് മനസ്സ് സ്വയം അതായി മാറുന്നു എന്ന് മനസ്സിനെ അത് ആ ഭാവം മനസ്സിനെ ഉൾക്കൊള്ളുന്നു അതുകൊണ്ടാണ് എന്നെ ഭക്തി ലഹരിയാണ് ഭക്തി ഉന്മാദമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതൊരു വൈകാരികമായ ഭാവമാണ് പക്ഷെ ആ ഭാവം മനസ്സിനെ കീഴ്പ്പെടുത്തിക്കളെ അതിന് മുഖ്യം മനസ്സിന്റേതായ ഭാവങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ലാത്തത് ലഹരി എന്ന് പറയുന്നത് അതാണല്ലോ ഈ സാധാരണ ലഹരി ലൗകികമായ ലഹരിയുടെ അപ്പം മനസ്സ് ലഹരിയെ സ്വീകരിക്കുകയല്ല ചെയ്യുന്നു ലഹരി മനസ്സിനെ കീഴ്പ്പെടുത്തിക്കളങ്ങ മനസ് ലഹരിക്ക് അധീനമായി പോവുക നമ്മള് പിന്നെ മനസ്സിന് സ്ഥാനമൊന്നുമില്ല ലഹരിക്ക് അടിമപ്പെട്ടവരെ ശ്രദ്ധിച്ചറിയ സ്വയം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മനസ്സെന്ത് ചെയ്യുന്നു അതിനടിമയായി പോകുന്നു മനസ്സോടെ മനസ്സിനെ നിലനിൽപ്പില്ല അല്ല മനസ്സിനുഗ്രഹിക്കുകയല്ല മനസ്സിനട നിലനിൽപ്പേയില്ല മനസ്സില്ല മനസ്സ് ആ ഭാവത്തിന് അടിവെട്ടുപോകുകയാണ് കീഴ്പെട്ടുപോകുന്നു ഉയർന്ന ഭാവങ്ങളെല്ലാം അങ്ങനെ ഭക്തിയെ സംബന്ധിച്ച് അതുകൊണ്ടാണ് അത് ഉന്മാകുന്നത് പറ്റും പോലെ അത്തൊരു അവസ്ഥക്ക് ഒരു ഭാവത്തിനത് കീഴ്പെട്ടുപോകും അതും മനസ്സിന്റെ ഉയർന്ന ഭാവങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ജ്ഞാനത്തെ കുറിച്ച് പറയും സ്വയം മനസ്സ് സ്വന്തം നില നഷ്ടപ്പെട്ട് മനസ്സായി മാറുന്നു സന്മയമായി മാറുന്നു ജ്ഞാനമായി ആനന്ദമയമായി മാറുന്നു ഇങ്ങനെയെല്ലാം പറയും അതിന് അതിനോട് ശ്രദ്ധ ആദരവ് ബഹുമാനം ഉണ്ടായാലേ പറ്റൂ അതിനെ പരമമായി കരുതുക ശ്രേഷ്ഠമായി കരുതുക അതിനെ അതായി ഗ്രഹിക്കുക അങ്ങനെ അത് സ്വയം മനസ്സിനെ സ്വീകരിക്കുക അതും ശ്രദ്ധയ്ക്ക് പറയും ശ്രദ്ധയ്ക്ക് ഉണർവെന്ന് നടത്തുന്നുണ്ട് ജാഗ്രത ശ്രദ്ധയ്ക്ക് അങ്ങനെ നടത്തുന്നുണ്ട് മനസ്സ് സത്വം രജസ് തമസ് ഈ മൂന്ന് ഒന്നു പൊട്ട ഒന്നിലേക്ക് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കാരണം അത് പ്രകൃതി ക്ഷണപരിണാമിയാണ് അത് എവിടെയും എല്ലായ്പ്പോഴും പരിണമിച്ചുകൊണ്ടേയിരിക്കും സ്ഥായിരിക്കാൻ പറ്റും മനസ്സായിരിക്കുമ്പോഴും അതിലാ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കും ചില സമയത്ത് മനസ്സ് താമസപരിണാമത്തിലേക്ക് പോകും ആലസ്യം നിദ്ര പോലെയുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് പ്രവേശിക്കുന്നതിന്റെ തുടക്കമാണ്ണാമം ഉറക്കത്തിലേക്ക് പോകുമ്പോഴും മനസ്സിന് സംഭവിക്കുന്നുണ്ട് മനസ്സിന് ആ പരിണാമം മാറുന്നു ഉണർന്നിരുന്ന മനസ്സിനെ കൊണ്ട് പോകാൻ കഴിയുന്നു അപ്പോൾ സത്വത്തിന്റെ ഒരു ഭാവമാണ് ഉണർവ് സത്വത്തിന് പല ഭാവങ്ങളുണ്ട് എൻ്റെ ഒരു ഭാവമാണ് മനസ്സിന്റെ ഉണർവ്വ് അപ്പൊ അതിനെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു പലരും ലഹരിയിലാണ് മയക്കത്തിലാണ് മനസ്സ് പരിണമിച്ച് പരിണമിച്ച് അങ്ങനെ താമസികമായ ഭാവങ്ങളിലേക്ക് പോകും അപ്പൊ ഇതല്ല അവര് സ്വപ്നം പോലെ തോന്നും എവിടെയോ എന്തോ കേൾക്കുന്നു മനസ്സിന്റെ സാത്വികമായ ഉണർവങ്ങ് നഷ്ടപ്പെട്ടു മനസ്സിനെ ഉണർത്തു നടത്തിയാലേ ഗ്രഹണം സംഭവിക്കത്തുള്ളൂ അല്ലെങ്കിൽ മനസ്സിൽ അഗ്രഹണമായി സുഷ്ടേക്ക് പോകാനും ജീവൻ ചില തയ്യാറെടുപ്പുകൾ എടുക്കും ആ തയ്യാറെടുപ്പിൽ ഒന്നാണ് മനസ്സിനെ പിൻവലിക്കുക മനസ്സിനെ താമസികമായി പരിണമിപ്പിക്കുക മനസ്സ് നല്ല ചെയ്യുന്നതാണ് മനസ്സ് പ്രവർത്തിക്കാൻ പാടില്ല അവിടെ ജീവൻ മനസ്സിന് സ്വയം തന്നിലേക്ക് വിലയിപ്പിക്കുന്നു എന്നിട്ട് സ്വയം താൻ ഇല്ലാതാകുന്നു അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളൊക്കെ പറയുന്നത് സുഹൃത്തി അന്ധകാരമാണ് തമസ്സാണ് എന്നൊക്കെ പറയുന്നു ഭാഗ്യമായി ശരിയാണ് കാരണം അങ്ങോട്ടുള്ള യാത്രയിൽ ഈ ഉണർവിലങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഈ ഉണർവ് വിഷയത്തെ ഗ്രഹിക്കാനുള്ളതാണ് ഒന്നിനും ഒഴിവാക്കാനുള്ളതല്ല അപ്പൊ ഇതുകൊണ്ട് അത് ഉറങ്ങാൻ പറ്റത്തില്ല അതിന്റെ തയ്യാറെടുപ്പായിട്ടാണ് അത് സംഭവിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല മനസ്സ് ഉണരണം ആ ഉണർവ് എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു സാത്വികമായ നില സാത്വികമായ ഒരു ഭാവം സത്വത്തിനുള്ള പല ഭാവങ്ങളുണ്ട് അനന്തമായ ഭാവങ്ങളുണ്ട് അതിലൊരു ഭാവമാണ് മനസ്സിന്റെ ഉണർവ് ആ ഉണർവിൽ എന്നുകഴിഞ്ഞാൽ പറയുന്നത് പറയുന്ന എന്റെ താല്പര്യത്തെ അർമ്മത്തെ അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യത്തെ ഗ്രഹിക്കാൻ പറ്റും പൂർണ്ണമായ ഉണർവിലായിരിക്കും എത്രമാത്രം ഉണർവ് മനസ്സിൽ വർധിക്കുന്നു അത്രമാത്രം അത് ഗ്രഹിച്ചുകൊണ്ടേ അതും മനസ്സതിനെ ഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിനും മനസ്സിനെ അത് ഗ്രഹിക്കുന്നു മനസ്സിനെ അത് ഗ്രഹിക്കുകയാണ് അതാണ് മനസ്സ് മനസ്സായി പിന്നെ നിലനിൽക്കാറ് അതുകൊണ്ടാണ് മനസ്സിനെ കുറിച്ച് പറയുന്നത് അത് ചിന്മയമായിരിക്കുന്നു സന്മയമായിരിക്കുന്നു ആനന്ദമയമായിരിക്കുന്നു എന്നൊക്കെ പറയും മനസ്സിന് അതിൻ്റെതായ ഭാവത്തെ നീക്കാൻ പറ്റില്ല സത്വ സഞ്ചാരി ജ്ഞാനം വിധി പഠിച്ചു അവിടെയെല്ലാം ഈ പറയുന്നത് ഈ ശ്രദ്ധയാണ് ജാഗ്രത എന്ന് പറയുന്ന ശ്രദ്ധയാണ് ആ ഉണർവ് മനസ്സിൽ കുറയുന്നതനുസരിച്ച് ഇതാകാൻ നകന്നുപോകും വിശ്വാസം എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം ശ്രദ്ധ സാമാന്യമായ അർത്ഥം വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യത്വ ബോധം എല്ലായിടത്തും വിശ്വാസം എന്ന് പറയുന്നത് അതാണ് ഗുരുവിന് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഗുരു സത്യമാണെന്നുള്ള ബോധം അതാണ് വിശ്വാസം അങ്ങനെയുള്ള നിശ്ചയം ഈശ്വരൻ വിശ്വാസം എന്ന് വെച്ചാൽ ഈശ്വരൻ സത്യമാണെന്നുള്ള ബോധം ഇവിടെ എന്താണ് സത്തിനെ കുറിച്ചുള്ള ബോധം ഇവിടെ ഏതെങ്കിലും ഒന്ന് സത്യം ഒന്നു കരുതണ്ട സത്തിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായാൽ മതി സദേവസ്വാമി ധമംഗ്ലാസി എന്ന് പറഞ്ഞ ആ സത്ത് ഈ സൃഷ്ടിക്ക് ജഗത്തിന് കാരണമായിരിക്കുന്ന സത്ത് ബോധം തത്താണിതിന് കാരണം ഇവിടെ ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്മത്തിൽ നിന്നാണ് ഈ സ്ഥൂലം ഉണ്ടായത് ആ സൂക്ഷ്മമാണ് സത്ത് ആ ബോധം അതാണ് ഇവിടെ സർവത്ര ഗുരുവിനെ ഒരു വ്യക്തിയായി കാണുമ്പോൾ ആ വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള വിശ്വാസം ശ്രദ്ധ ഗുരുവിനെ ആ തത്വമായി കാണുമ്പോൾ ആ തത്വം എന്നുള്ള വിശ്വാസം ബോധം വിശ്വാസം ബോധമാണ് അറിവാണ് വിശ്വാസം നിശ്ചയ രൂപത്തിലുള്ള അറിവിനാണ് വിശ്വാസം എന്ന് പറയുന്നത് അവൻ അവിശ്വാസിയാണെന്ന് പറഞ്ഞാൽ എന്താണ് നിശ്ചയമില്ലാ കാര്യം ചിലപ്പോൾ അജ്ഞാനമായിരിക്കും അല്ലെങ്കിൽ വിപരീയമായിരിക്കും അല്ലെങ്കിൽ സംശയമായിരിക്കും വിശ്വാസിയാണെങ്കിലോ ബോധമാണ് ശരിയായിട്ടുള്ള നിശ്ചയാത്മകമായ ബോധം അതെല്ലാം സന്ദർഭമനുസരിച്ച് ഇവിടെ എല്ലാവർത്ഥവും അതുകൊണ്ട് ഇവിടെ പറയും മനസ്സിലങ്ങനെ ഒരു ഉണർവ് ഉണ്ട് മനസ്സിലെ ഏകാഗ്രത വരുന്നു മനസ്സിലിത് മാത്രമാകുന്നു അങ്ങനെ വേണമെങ്കിൽ ഇതിനാഗ്രഹിക്കേണ്ടത് ശ്രദ്ധസ്വ സൗമ്യ സ്ഥൂലമായ വിഷയങ്ങൾ ഗ്രഹിക്കുന്നതുപോലെ ആഗ്രഹിക്കാൻ സാധ്യമല്ല ശ്രദ്ധാവശ്യമാണ് ആന്തരികമായ ശ്രദ്ധ അത് ആവശ്യമാണ് ബാഹ്യമായും പോരാ സതേവ അണിമനഹ സ്ഥൂലം നാമരൂപാതിമക്കാര്യം ജഗതുത്വനാഥാണ് സത്യനിന്നാണത് ഉണ്ടായിരിക്കുന്നത് അതിലാണ് തുടങ്ങിയത് എപ്പോഴും ഇവിടെ ബോധിപ്പിക്കുന്ന സത്തിനെയാണ് സത്തിൽ നിന്നാണ് ഇതുണ്ടായതെങ്കിൽ ഇതാ സത്ത് തന്നെയാണ് ഇതാ ബോധിപ്പിക്കുന്നത് സൂക്ഷ്മത്തിൽ നിന്നാണ് ഈ സ്ഥൂലം ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഇതെല്ലാം ആ തന്നെയാണ് പിന്നെ സ്ഥൂലമായി ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ സൂക്ഷ്മമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല അതിന് ശ്രദ്ധ കൊണ്ട് അതിനെ ഗ്രഹിക്കുന്നു എന്തുകൊണ്ടിത് ഗ്രഹിക്കുന്നില്ല ഇതാണ് പരമാർത്ഥം അതിന് സമാനം പറയും സതിസമ്പദ് എന്ന വിട്ടല്ലോ എന്തുകൊണ്ട് അറിയുന്നില്ല സതിസമ്പദ് മഹേ പറയുന്നത് ശ്രദ്ധയാണ് മനസ്സിന്റെ ഉണർവ് അവിടെ ഇല്ല മനസ്സിനെ ഇത് ഗ്രഹിക്കുന്നില്ല മനസ്സിന് ഗ്രഹിക്കാൻ ശ്രമിച്ചാലും മനസ്സിനെ ഇത് മനസ്സിനെ ഗ്രഹിക്കണം ഇത് മനസ്സിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ മനസ്സ് മനസ്സിന്റെ ഇന്നത്തെ ലൗകികമായ ഭാവത്തിൽ നിൽക്കുന്നു മനസ്സ് സത്മയമായി ജ്ഞാനമയമായി നിൽക്കുന്നു അത് മനസ്സിലാക്കണം ഈ ഈ സൂക്ഷ്മത്തിൽ നിന്നാണ് സ്ഥൂലം നാമരൂപാതിമത്കാര്യം വിശദീകരിക്കുന്നഭ്യം നിർദ്ധരിതർ തഥേവേത്യവഗമ്യതേ തഥാപി ഇവിടെ പറയുന്നു ഞാനിതിനെ ബോധിച്ചു ന്യായത്തിലൂടെ എന്നുവെച്ചാൽ യുക്തിയിലൂടെ യുക്തിയിലൂടെ ബോധ്യപ്പെടുന്ന ബുദ്ധി ഇതിനെ ആഗമം ശ്രുതി ബോധിപ്പിക്കുക ഗുരു ബോധിപ്പിക്കുക അവിടെയെല്ലാം പുറത്തു നിന്നതിനുള്ളിലേക്ക് അടിച്ചു കയറ്റുകയാണ് അതുകൊണ്ടാണ് ഇവരെ നീ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു ന്യായാഗമാഭ്യാം നിർദ്ധാര്യത ഉറപ്പ് അത് ഉറപ്പ് വന്നു കാണുന്നില്ല ശ്രുതി ഇത് പറയുന്നത് അക്കാര്യത്തിൽ ഉറപ്പ് വന്നു ഇനി എന്താ വേണ്ടത് തഥയ വ്യവം ഇതേ മാറ്റമൊന്നുമില്ല അത് ബുദ്ധി ഗ്രഹിച്ചു ഈ പറയുന്ന പോലെ പക്ഷെ അത് ബുദ്ധിയെ ഗ്രഹിക്കണം അതാണ് അടുത്തത് ബുദ്ധിയെ താൻ ബുദ്ധി കൊണ്ട് അതിനെ ഗ്രഹിച്ചു പിന്നെ ബുദ്ധി ഇതിനെ ഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ എന്താ ബുദ്ധിയുണ്ട് നിന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ കൃതാർത്ഥത അനുഭവപ്പെടത്തില്ല കൃതകൃത്യത അനുഭവപ്പെടത്തില്ല അത് ഇന്ധനം അതിന് ശേഷി കൊണ്ട് അങ്ങനെ ജ്വലിപ്പിക്കാം പക്ഷെ അത് ജ്വലിക്കണം അതുവരെ അതിന്റെ സാധ്യത ജ്വലിക്കുമ്പോൾ മാത്രമേ അത് അഗ്നിമയമായി തീരത്തുള്ളു അങ്ങനെ തീരുന്ന അഗ്നി അതിനെ സ്വീകരിക്കുകയാണ് രണ്ടിന് താൽപ്പര്യം ഒന്നായി മാറും അതിവിടെ സംഭവിക്കണം എന്നാ തത്വം ഇതിനൊക്കെ ഇപ്പൊ തത്വം മനസ്സിനെ ഗിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇല്ല മനസ്സ് മനസ്സായി നിൽക്കുന്നില്ല തത്വമായിട്ടേ നിൽക്കുന്നുള്ളൂ അതാണ് ആ വ്യത്യാസം പറയുന്നു യുക്തിയിലൂടെ ആഗമത്തിലൂടെ ഇത് നിശ്ചയിച്ചു അതിനുള്ള ഉണ്ടായി ഉണ്ടായാലും അങ്ങനെയാണെങ്കിലും അത്യന്ത സൂക്ഷ്മു അർത്ഥേഷു ബാഹ്യവിഷയാസക്ത മനസ് സ്വഭാവ പ്രവൃത്ത അസത്യം ഗുരുതരായാം അതിന്റെ അവഗമനം അതിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നു എവിടെയാണോ ആ കൃതകൃത്യത സ്വയം അനുഭവപ്പെടുന്നത് അതാണ് അവഗമത്വം അതിന് ശ്രദ്ധ വേണം എന്തുകൊണ്ട് അത്യന്ത സൂക്ഷ്മു അർത്ഥേഷു ഇത് അത്യന്തസൂക്ഷമാണ് ഈ വിഷയം ബാഹ്യവിഷയ ആസക്ത മനസ്സ സ്വഭാവ പ്രവർത്ത മനസ്സ് സ്വയം ബഹർമുഖമായി പ്രവർത്തിക്കുന്നതാണ് വിഷയങ്ങൾ അഗ്രഹിച്ച് അതിന് ശീലമുള്ളൂ അത്യന്തസൂക്ഷമായ ഈ തത്വത്തെ ആഗ്രഹിക്കുന്ന ഒരു ശീലം അതിനില്ല അസത്യാഗുരുതരായ ശ്രദ്ധായ അവിടെ ഗുരുതരമായ ശബ്ദമില്ല ഗൗരവമുള്ള ശ്രദ്ധ വേണം മഹത്തായ ശ്രദ്ധ വേണം വളരെ ഈടിറ്റ ശ്രദ്ധ അത് വേണം ആശ്രദ്ധ ആവശ്യമാണ് എന്നുവെച്ചാൽ ശ്രദ്ധ അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരണം ഈ പറഞ്ഞ കാര്യങ്ങളല്ല എന്നിപ്പോ പറഞ്ഞു അശ്രദ്ധയെ അതിന് വിശ്വാസമെന്നോ അല്ലെങ്കിൽ അതിന്റെ താത്പര്യമെന്നോ ഏത് തരത്തിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയാലും ശരി അത് അതിന്റെ പൂർണ്ണതയും ആ ശ്രദ്ധ മനസ്സിൽ വന്നുകഴിഞ്ഞാൽ മനസ്സതിന് ഇടം കൊടുക്കണം മനസ്സ് ധാരാളം വിഷയങ്ങൾക്ക് ഇടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സ്ഥാനത്ത് ഈ മനസ്സ് ഇടം കൊടുക്കണം അത് കൊടുക്കാൻ മനസ്സ് തയ്യാറാകത്തില്ല കാരണം പിന്നെ മനസ്സിന് നിലനിർത്തില്ല ഈ അനന്തമായ വിഷയങ്ങളെ എല്ലാം മനസ്സ് ഗ്രഹിച്ചുകൊണ്ടിരുന്നാലും മനസ്സിന് ദോഷമുണ്ട് കാരണം മനസ്സിന് നിലനിൽക്കാം അതിനെയെല്ലാം ഇടം കൊടുക്കാൻ മനസ്സിന് ശേഷിയുണ്ട് അവിടെയൊക്കെ മനസ്സിന് നിലനിൽപ്പുണ്ട് തന്റെ നിലനിൽപ്പിന് ഇല്ലാതൊക്കെ ആരെങ്കിലും ആഗ്രഹിക്കും സർവരും അസ്തിത്വത്തെ ആഗ്രഹിക്കുന്നവരാണ് മനസ്സോ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇവിടെ പറയുന്ന ഈ ഗുരുതരമായ ശ്രദ്ധയാണ് മഹത്തായ ശ്രദ്ധയാണ് ഗുരുതരം എന്നൊക്കെ സീരിയസ് എന്നുണ്ട് ആ മഹത്തായ ശ്രദ്ധയിൽ മനസ്സിൽ നിലനിൽപ്പില്ലാകും മനസ്സേ ഇല്ലാതായി വിഷയഗ്രഹണരൂപത്തിലുള്ള ആ മനസ്സില്ലാതായി പോകും ആത്മഗ്രഹണ രൂപത്തിൽ മനസ്സ് വേറിട്ട് നിലനിൽക്കത്തി അവിടെ തന്നെ ആത്മാ ആത്മപ്രകാശമായി മനസ്സ് അങ്ങനെ നിൽക്കും വിഷയപ്രകാശമായും മനസ്സ് നീക്കത്തില്ല ആത്മപ്രകാശമായും ഗോപിന് മനസ്സ് അതല്ല മനസ്സ് അതുകൊണ്ടാണ് മനസ്സിന് മായ എന്ന് പറയുന്നത് അത് വിഷയപ്രകാശ രൂപത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് മനസ്സിന് മായ എന്ന് പറയുന്നത് അത് ആത്മപ്രകാശ രൂപത്തിൽ നിൽക്കുമ്പോൾ അതേ മനസ്സിന് തന്നെ പറയും ജ്ഞാനം അതാണ് ഗുരുതരായം ശ്രദ്ധായാം അതില്ലെങ്കിൽ ഇത് പറ്റത്തില്ല മനസ്സിനെ ഇത് ഗ്രഹിക്കത്തില്ല അത് സ്വയം ജ്ഞാനമായും ആകത്തില്ല അല്ലെങ്കിൽ സന്മയമാകത്തില്ല സാദ് ഇത്യാഹാദു പറയുന്നത് ശ്രദ്ധസ്വ അപ്പോ രണ്ടു തരത്തിൽ ഒന്ന് മനസ്സിന് ബാഹ്യമായി ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു മനസ്സിന് ഉള്ള ദോഷങ്ങളോടുകൂടി മനസ്സുള്ള ദോഷങ്ങളെന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയുന്നത് അജ്ഞാനസംസ് വിപരീയങ്ങൾ മനസ്സിന്റെ ദോഷമാണ് അതിലാരോപിക്കുന്നു സത്യം അജ്ഞാതമാണ് സത്യത്തിൽ വികല്പമുണ്ട് സത്യത്തിൽ വിപരീയമുണ്ടെന്ന് ധരിക്കുന്നു ഇല്ല മനസ്സിൽ ആണിതെല്ലാം ഇല്ല സത്യത്തിലല്ല സത്തിൽ അതില്ല ശ്രദ്ധ കൊണ്ട് എന്ത് ചെയ്യുന്നു മനസ്സിൽ നിന്ന് ഇതെല്ലാം മാറ്റുന്നു മനസ്സുണരുന്നു അവൻ്റെ മനസ്സിന് നിലനിൽപ്പില്ലാതായി മനസ്സ് സന്മയമായി തന്നെ തീരുന്നു അശ്രദ്ധായാമത് സത്യം പറയുന്നു ആ ഉണർവ് അല്ലെങ്കിൽ ആ താത്പര്യം അല്ലെങ്കിൽ ആ വിശ്വാസം പലതരത്തിലും വ്യാഖ്യാനിക്കുന്ന രണ്ട് മൂന്ന് ശബ്ദങ്ങൾ കൊണ്ട് വ്യാഖ്യാനിച്ചു തത്വഗ്രഹണത്തിന് ഉപയുജ്യമായ ഏതായിട്ട് തന്നെ എടുക്കാം ശ്രദ്ധ അതിനൊന്ന് നിശ്ചിതമായൊരർത്ഥം എന്ന് പറയാൻ കഴിയോ താല്പര്യങ്ങൾ അതിന് അനവധിയാണ് അങ്ങനെയുള്ള ശ്രദ്ധയാ സത്യം എന്താ സംഭവിക്കുന്നത് മനസ്സിനങ്ങനെ ശ്രദ്ധ പരിണാമം മനസ്സിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിന്റെ പരിണാമമാണ് ശ്രദ്ധ മനസ്സിന്റെ തന്നെ ഭാവമാണ് ശ്രദ്ധിത് സർവരണത്തിൽ പറയും ഇതൊക്കെ മനസ്സ് തന്നെയാണ് മനസ്സിന്റെ പരിണാമമാണ് മനസ്സ സമാധാനം അപ്പോഴാണ് മനസ്സിന്റെ ഏകാഗ്രത വരുന്നത് നമ്മൾ പറയുന്നത് സമാധി സമാധി എന്ന് പറഞ്ഞ ഭാഷകാരൻ പറയുന്ന സമാധാനം ഏകാഗ്രത മനസ്സിന്റെ ഏകാഗ്രത എന്ന് പറയുന്നത് എന്താണ് അത് നമ്മൾ പറയുന്നത് തത്വഗ്രഹണക്ഷമത തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള മനസ്സിന്റെ സാമർഥ്യം എന്ന് പറയാം അല്ലെങ്കിൽ തത്വം മനസ്സിനെ ഗ്രഹിക്കുന്നതിനുള്ള മനസ്സിന്റെ യോഗ്യത എന്ന് പറയാം ഗുരു ശിഷുവിനെ ഗ്രഹിക്കുന്നതുപോലെ തന്നെ ശിഷ്യൻ ഗുരുവിനേയും ഗ്രഹിക്കുന്നു രണ്ട് സംഭവിക്കുന്നു ഒന്നു മാത്രമുണ്ടെങ്കിൽ പ്രയോജനമില്ല പരസ്പര്യം എന്ന് പറയും അത് ഇവിടെയും സംഭവിക്കും മനസ്സ് തത്വത്തെ ഗ്രഹിക്കണം തത്വം മനസ്സിനെയും ഗ്രഹിക്കണം തത്വം മനസ്സിനെ പ്രകാശിപ്പിക്കും അതാണ് മനസ്സിന്റെ സമാധാനം മനസ്സിന്റെ ശ്രദ്ധ സമാധാനം ഉണ്ടാകുന്നു ശ്രദ്ധ കൊണ്ട് മനസ്സിന് ഏകാഗ്രത ഉണ്ടാകുന്നു ഏതെന്തിനാണോ അവനറിയാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഏകാഗ്രതയുണ്ടാകുന്നു ഇതൊക്കെ മനസ്സിന്റെ പരിണാമരൂപത്തിൽ മനസ്സിൽ സംഭവിക്കണം ഉണർന്നിരിക്കണം തത്വശ്രവണത്തിൽ മനസ്സിന് സജ്ജമാക്കണം എന്നാലേ തത്വം അനുഗ്രഹിക്കും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് തന്നെ ഇതിനനുഗ്രഹിക്കുകയാണ് ജീവൻ തത്വത്തെ അഗ്രഹിക്കുകയല്ല പട്ടപംശത്തിന് അത് വിശദമായി ചർച്ച ചെയ്തു അത് തന്നെയാണ് ഇവിടം പറയുന്നത് ഇവിടെ സന്ഷ്ഠമായി ചിന്തിക്കുമ്പോൾ തദർത്ഥം എന്ന് പറയുന്നതാണ് സന് ആ സന്ഷ്ഠയുടെ ഫലമായി വരുന്നല്ല നമ്മളതിന് കൃതകൃത്യതയെന്നോ മോക്ഷമെന്നോ നിർവാണമെന്നോ എന്ത് ശബ്ദത്തിന് വേണോ പറയാം അതെല്ലാം ശ്രദ്ധ മനസ്സിന്റെ ഏകാഗ്രത തദ്ഫലമായി ആ ജീവനിൽ സംഭവിക്കുന്നതാണ് ജീവഭാവത്തിൽ സംഭവിക്കുന്നതാണ് മനസ്സ് ജീവനെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇതെല്ലാം ഒന്ന് സാങ്കേതികമായതിനെക്കുറിച്ച് വിച്ഛേദിക്കും മനസ്സിന്നതാണ് ജീവൻ ഇന്നതാണ് അതൊക്കെ ബാലപാഠങ്ങളാണ് ഉപരിപാഠങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ല മായയെന്നോ മനസ്സെന്നോ അവിദ്യയെന്നോ ജീവനെന്നോ ഒക്കെ ഒറ്റ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കും മുഖ്യാർഥം അവിടെ അതിന് പ്രാധാന്യമുണ്ട് ശ്രദ്ധയ്ക്കും അതിനെ തുടർന്ന് വരുന്ന ഏകാഗ്രതയ്ക്കും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിക്കുക അതാ ശ്രദ്ധക്കുറവുകൊണ്ട് തന്നെയാണ് താത്പര്യക്കുറവുകൊണ്ട് തന്നെയാണ് അവിശ്വാസമെന്ന അനാദരവരും വിദ്യയിൽ അവിശ്വാസമെന്ന് അനാദരവ് മുഖ്യപ്രയോജനം ചെയ്തിട്ടില്ല കയ്യും കാലും ബന്ധിച്ച് വേദാന്തം ശ്രമിപ്പിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാ കയും കെട്ടി മുമ്പെ കൊണ്ടുവരുകയാണ് കേട്ടേ മതിയാകും എന്താ അങ്ങനെ പ്രയോജനമുണ്ട് കാരണം ആ സമയം വേണ്ടാതിന് നമുക്ക് ഒന്നും പോകത്തില്ല അങ്ങനൊരു ആരെങ്കിലും അങ്ങനെ കൈയും കെട്ടിയിരുത്തുന്നുണ്ടെങ്കിൽ എന്റെ ഉദ്ദേശം അത് തന്നെയായിരിക്കും അല്പസമയങ്കിലും ഒരുതൻ മര്യാദ തരണായിരുന്നോട്ടെ നന്നായിരിക്കും മുഖ്യഫലം ഉണ്ടാകത്തില്ല മുഖ്യഫലം എന്തുവേണം അവന്റെ ഉള്ളിൽ അതിന്റെ ഉണർവ് വന്നാലേ പറ്റും അതിന് മുഖ്യഫലത്തെ കൊടുക്കേണ്ട ഉണർവുള്ളവർക്ക് ആ സത്യം പ്രകാശിക്കും തദർത്ഥാവഗതി അത് സംഭവിക്കും സംശയവൈപര്യങ്ങൾ കൂടാതെ അത് ബോധ്യപ്പെടും അതിന് മനസ്സ് മുഖ്യമാണ് അന്യത്രമന അഭൂവം ഇത്യാദി ശ്രദ്ധേയ ആ ഏകാഗ്രതയ്ക്ക് ആയിരുന്നു കാര്യം പിടിയിട്ടില്ല ശ്രുതി എന്ന് പറയുന്നത് മനസ്സ് ഇവിടെ തന്നെ ആയിരിക്കും അതാണ് ഏകാഗ്രത എന്നത് മനസ്സുവിടെയിരുന്ന ഏകാഗ്രത മനസ്സ് പലയിടത്തും പോയിരുന്നാൽ ഏകാഗ്രതയില്ല അപ്പൊ ശ്രദ്ധയിൽ നിന്ന് വരുന്ന ഏകാഗ്രതയ്ക്കാണ് ശ്രുതി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ഏകാഗ്രമായിരുന്നാൽ ലൗകിക വിഷയമായി ചിരി അതിനുഗ്രഹിക്കാം അത് ഏകാഗ്രമല്ലെങ്കിൽ ലൗകിക വിഷയത്തെ പോലും ഗ്രഹിക്കാൻ വയ്യ അപ്പൊ പിന്നെ ഇവിടെ സത്യന്റെ കാര്യമെന്ന് പറയാനാണ് സത്യനുഗ്രഹിക്കുന്നതിന് എത്ര ഏകാഗ്രത ആവശ്യമാണ് അതുകൊണ്ട് പുത്രനോട് പറഞ്ഞ് ശ്രദ്ധ സൗമ്യ നീ ശ്രദ്ധിക്കുക നീ ഒന്നുകൂടെ ഉണർന്നിരിക്കുക എന്നാലിത് മനസ്സിലാകും ആ ഉണർവിനെ മനസ്സിലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ സാധനങ്ങളും ജപ തപങ്ങളെല്ലാം അതിനുവേണ്ടി ആ ഉണർവ് ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഉപദേശത്തിലുള്ള പോരായ്മയല്ല ഇവിടെ ശ്രവണത്തിലുള്ള പോരായ്മയാണ് എന്നാണ് ഇവിടെ പുത്രനെ ബോധ്യപ്പെടുത്തുന്നത് നടന്നു കഴിഞ്ഞാൽ ഇത് ഗ്രഹിക്കാം ഇതിന്റെ ഗ്രഹണം തന്നെ ഉണർവായും മാറുകയും ചെയ്യും അത് പരസ്പര പൂരകമായിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞല്ലോ ശ്രവണം തന്നെ ശ്രവണം ഒരു സാധനയാണ് ഇതുകൊണ്ടെന്താ പ്രയോജനം ഒരാള് ഞാനതിന് യോഗ്യതയില്ലല്ലോ അതും ശ്രദ്ധയില്ല താത്പര്യം ഉണ്ടാകുമല്ലോ അശ്രവണം ശ്രദ്ധയോടുകൂടിയാണ് ഇത് പരസ്പരപൂർവമായും അ ശ്രവണത്തിനനുസരിച്ച് ശ്രദ്ധ വർദ്ധിക്കുന്നു ശ്രദ്ധ വർധിക്കുന്നതിനനുസരിച്ച് യോഗാഗ്രത കൂടും അതനുസരിച്ച് ശ്രവണം വ്യക്തമാകുന്നു പരസ്പരം ഇത് സഹായിച്ചുകൊണ്ടിരുന്നു പക്ഷെ അവിടെ വിപരീത ബുദ്ധി വന്നു കഴിഞ്ഞാൽ താത്പര്യം ഇല്ലാതെന്ന് കഴിഞ്ഞാൽ പിന്നെ ശ്രവണമില്ലാതെ വരും അതിനെ തുടർന്ന് സംഭവിക്കേണ്ട ഒന്നും സംഭവിക്കുന്നില്ല ഏകാഗ്രത വരുന്നില്ല തദർത്ഥാവഗതി വരുന്നില്ല അതുകൊണ്ടാണ് ശ്രവണത്തെ അല്ലെങ്കിൽ ഒരു സാധന എന്നുള്ള ശ്രവണത്തിന്റെ പ്രാധാന്യം ശ്രവണം ശ്രദ്ധയെ വളർത്തും അതിനെ ഉണർത്തും അതിന് ശ്രവണത്തിനുള്ള ശേഷിയും താത്പര്യത്തുണ്ടാക്കും ശ്രവണം മനസ്സിനെ ഏകാഗ്രമാക്കും ശ്രവണ ശരിയായ അവബോധത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും മനസ്സിന്റെ ഏകാഗ്രത എന്ന് പറയുന്നത് മുഖ്യമായും മനസ്സിന്റെ അവബോധമാണ് അതാണ് മനസ്സിൻ്റെ ഏകാഗ്രത ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ച് അതാണ് വിഷയ അവബോധം ഏകാഗ്രത എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ഏകമായ ആഗ്രഹം ഉണ്ടായി എന്ന് വെച്ചാൽ മനസ്സിൽ ഒരു വിഷയമേ പാടേകാഗ്രത എന്ന് പറയുന്നത് ഇവിടെ എന്താണ് മനസ്സിൽ സത്തെന്ന ഒരു വിഷയമേ ഉള്ളൂ മനസ്സിൽ സത്തെന്ന് പറയുന്ന വിഷയം ഉണ്ടാകാന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിന് ആ സത്തിനെ അവബോധം ഉണ്ടായിരിക്കാന്നത് മനസ്സിലതുണ്ടായിരിക്കാം അപ്പൊ ആ അവബോധം അത് തന്നെയാണ് രണ്ടല്ല ഒന്നാണ് അത് വർധിക്കുന്നതിനനുസരിച്ച് നമ്മൾ പറയും ഏകാഗ്രത കൊണ്ട് അവബോധം ഉണ്ടായി അവബോധം കൊണ്ട് ഏകാഗ്രത വർദ്ധിച്ചു എന്ന് പറയും ഒന്ന് തന്നെ രണ്ട് ഭാവത്തിൽ നിൽക്കുന്നു അതല്ലാതെ ഇവിടെ രണ്ടാമതൊരു ഏകാഗ്രതയില്ല ഒരാണ് ഏതെങ്കിലും ഒരു ബിന്ദുവിൽ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു എന്ന് പറയും ചിലർ വിളക്ക് കൊടുത്തി വെച്ചിട്ട് അതിൽ നമുക്ക് മനസ്സിനെ ഏകാഗ്രമാക്കും നല്ലതാണ് ഹിപ്നോട്ടിക്സൊക്കെ പഠിക്കാൻ നല്ലതാണെന്ന് പറയുന്നു ഞാൻ പഠിച്ചിട്ടില്ല മനസ്സിനങ്ങനെ ഏകാഗ്രമാകും അവിടെയൊക്കെ ഒരു ചെറിയ രീതിയിൽ മനസ്സിന് ഏകാഗ്രത എന്ന് പറയുന്നത് വരും പക്ഷെ അവന് തിരിച്ചറിയാൻ പറ്റില്ല ചില മനുഷ്യരെ പോലെ വിശപ്പും താഹും തിരിച്ചറിയത്തില്ല വിശകുമ്പോ തിന്നും താഴ്ക്കുമ്പോ കുടിക്കും അതാണ് സാധാരണ സംഭവിക്കുന്നത് ചില മനുഷ്യർ അങ്ങനെയല്ല വിശകുമ്പോ കുടിക്കും കുടിക്കും ദാഹ്കുമ്പോ തിന്നും തിരിഞ്ഞു പോകരുണ്ട് തമ്മിൽ അതുപോലെ ഇവിടെയും സംഭവിക്കും ഇവിടെയും മനസ്സിന്റെ ഏകാഗ്രതയെ ദൃഷ്ടിയുടെ ഏകാഗ്രതയായിട്ട് സംഭവിക്കും വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഭാഗ്യമായി ദൃഷ്ടി ഏകാഗ്രമാവുകയാണ് കണ്ണ് കണ്ണുകേരീ നോക്കുന്നുണ്ട് ദൃഷ്ടി ഏകാഗ്രമാകുമ്പോൾ ഭാഗികമായിട്ട് മനസ്സും ചെറുതായിട്ട് ഏകാഗ്രമാകുന്നു മനസ്സ് ചെറുതായിട്ട് ഏകാഗ്രമാകുമ്പോൾ അതിന് ദൃഷ്ടിയുടെ ഏകാഗ്രതയായിട്ട് വേറെ തിരിച്ചറിയും മനസ്സ് ഏകാഗ്രമായെന്ന് ധരിക്കുന്നു ഇവിടെ ദൃഷ്ടിയുടെ ഏകാഗ്രതയല്ല ദൃഷ്ടിക്കൂടെ യാതൊരു സ്ഥാനമില്ല ഇവിടെയെല്ലാം ഉള്ളിലാണ് മനസ്സിലാണ് മനസ്സിന്റെ ഏകാഗ്രതയെ പറയും മറ്റേ ദൃഷ്ടിയുടെ ഏകാഗ്രതയിലൂടെ ആ ദൃഷ്ടിക്ക് ഒരു വിഷയത്തിന് നിർത്തിക്കൊണ്ടും മനസ്സിനെ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അതൊക്കെ വരും പിള്ളേർ എന്താണ് പറയുന്നത് പിള്ളേരുകളിയാണ് അതൊന്നുമില്ല ഇവിടെ ഏകാഗ്രത നമ്മുടെ മനസ്സിൽ അതൊക്കെയാ വരുന്നു മനസ്സിനെ പിടിച്ചു ഓരോരുത്തരും പറയുമ്പോ മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിയുന്നത് ഞാൻ പറയും ഒരു വിളക്ക് കൊടുത്തി വെച്ചിട്ട് അതിൽ നോയിക്കൊണ്ടിരിക്കുക കുറെ സമയം മര്യാദക്ക് ഇരിക്കുമല്ലോ അതിൽ നോയിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പൊ ഏകാഗ്രമായി എന്താ ഏകാഗ്രമായി പക്ഷെ അത്രയെ പറ്റും മനസ്സിന്റെ ഏകാഗ്രത ഒന്നും അവിടെയില്ല ബാഹ്യമായ വിഷയങ്ങളിൽ ഏകാഗ്രമാകുന്നതുകൊണ്ട് മനസ്സിന് ഏകാഗ്രത വരത്തില്ല താത്കാലികമായും മനസ്സിനൊരു ശമനം വരുവാത്രയേ ഉള്ളൂ ഇവിടെ അതല്ല പറയും ഇവിടെ ആന്തരികമായ അത് ഏതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനെ കുറിച്ച് തത്വത്തിലുള്ള ഉണർവാണ് ഏകാഗ്രത അതുകൊണ്ട് തദർത്ഥാപതി അത് പൂർണ്ണമാകുന്നു അതിന് ശ്രവണവും സഹായിക്കും അതാ അത് അദ്വൈതത്തിന്റെ വഴി എന്ന് പറയുന്നത് വേറെയാണ് നമ്മൾ പരിചയിച്ചെടുക്കണം അതിന് അതിന്റേതായ വഴിയുണ്ട് അതിന് മറ്റുള്ളതുമായിട്ട് കൂട്ടിക്കലെടുത്താൻ നോക്കത്തില്ല അതുകൊണ്ടാണ് മറ്റു രീതികളെ ഭക്ഷ്യതാരം പോലും നിഷേധിച്ചത് ഇവിടുത്തെ നിരോധി അർത്ഥാന്തരം ഇത് ചെയ്താ യോഗമാണോ ഇത് വൃത്തി നിരോധ രൂപത്തിലുള്ള അല്ല ഞാൻ പറയുന്ന ആ കാര്യമല്ല ഞാൻ അത് ഇതുകൊണ്ട് കൂട്ടിപ്പോഴിക്കരുത് പക്ഷെ പിൽക്കാലത്ത് ഈ അദ്വൈതത്തിൽ തന്നെ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് തത്തുമസിൽ ദൈവം കടന്നു പോകുന്നത് പോലെ അദ്വൈത സാധനങ്ങളിലും മറ്റു പല യോഗവും അത് ഇതെല്ലാം കടന്നു പോകുന്നു അതെന്തുകൊണ്ട് അദ്വൈതകള് വിവരമായിട്ടത് മല്ലുപിടിക്കാൻ പോയ യുദ്ധം ചെയ്യാൻ പോയപ്പോ അവരെ തോൽപ്പിക്കാൻ വേണ്ടി പലതും സ്വീകരിച്ചു അതിനാണ് നമ്മൾ സാറിന് പറയാനുള്ള സാങ്കേതിക വേദാന് ഇവിടെ അതല്ല പറയുന്നു ഇവിടെ കാര്യങ്ങൾ നേരിട്ട് പറയുന്നു കാണോ സമാധാനം ഇതാണ് ശ്രദ്ധ ഇതാണ് അവഗതി എന്ന് പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധയിലൂടെ ഇതിനുഗ്രഹിക്കുക ഇതിന് ശ്രദ്ധയായി ഗ്രഹിക്കുക എന്നാണ് സയ ഇത്യാദ്യുക്താർത്ഥം സയേശുവാണിമിതം സർവം സ്വത്മാസി അതായത് ഒന്നുകൂടി എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുമ്പോഴും അവസാനം സഹി കേട്ട് കിതാബ് പറയാണ് പലതവണ ആവട്ടിച്ചപ്പോൾ പറയണം നിശ്രദ്ധിക്കും പറഞ്ഞിട്ടെന്താ കാര്യം ശ്രദ്ധസ് ശ്രദ്ധിച്ചാലിക്ക് പറയാനുള്ളു അത് തന്നെ മുമ്പ് പറഞ്ഞത് തന്നെ കൂടുതലും മാറ്റിയൊന്നും പറയാനില്ല നമ്മള് സാറിന് ചുരുക്കിയും പറയും പരത്തിയും പറയും ചുരുക്കി പറഞ്ഞാ മനസ്സിലായെങ്കിൽ പിന്നെ പരത്തി പറയണ്ടി വരും സ്ഥൂലബുദ്ധിക്ക് സ്ഥൂലമായ രീതി സൂക്ഷ്മ ബുദ്ധിക്ക് സൂക്ഷ്മമായ പിതാവ് പറയുന്നത് അതേ ഉള്ളു എനിക്ക് പറയാം സോ സി അത് വീണ്ടും ആവർത്തിക്കാറില്ല ഈ ഒന്നിനെ എടുത്തുകൊണ്ടാണ് ശങ്കരാചാര്യർ ബ്രഹ്മസൂത്രത്തിൽ ആവർത്തി രസക്കൾ തുപത്ത് യേശാദം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നു ആവർത്തിക്കണം ശ്രവണാധികം തുടരണം ഇവിടെ പുത്രനും അത് ആവർത്തിച്ചു പിതാവും അത് ആവർത്തിച്ചു ഉപദേശിച്ചാണോ അത് ശ്രോതാവും അത് അതുകൊണ്ട് എല്ലാവരും ഈ ഭാഗത്തെ എടുത്തുകൊണ്ടാണ് ധർമ്മസൂത്രത്തിൽ അങ്ങനെ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇതെന്നും ഇത് ആവർത്തിക്കുന്നു ഫലമില്ലല്ലോ അങ്ങനെ ആവർത്തിച്ചാൽ ഫലമുണ്ടാവും അങ്ങനെ ആവർത്തിക്കുന്നുണ്ടോ ഇല്ല ആവർത്തി നടക്കുന്നില്ല ഈ പറയുന്ന രീതിയിൽ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെയുള്ള ആവർത്തി സംഭവിക്കുന്നില്ല ആവർത്തിക്കുന്നതുപോലെ നമുക്ക് തോന്നുന്നു ആവർത്തി സംഭവിക്കുന്നില്ല ആവർത്തിക്കുന്നതിന് തീർച്ചയായും ഫലമാണ് പ്രത്യക്ഷ ശ്രദ്ധ എന്താണ് ഫലം എന്ന് പറയുന്നത് കൃതാർത്ഥതയാണ് അദ്വൈതത്തിൽ ഫലമായി പറയുന്ന കൃതാർത്ഥത കൃതകൃത്യ അത് വരുന്നത് വരെ ഇത് ആവർത്തിക്കണം അതുകൊണ്ട് പറഞ്ഞു യുക്താർത്ഥം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത് സദ്ജഗത മൂലം കസ്മാലഭ്യതേനാണ് ഭൂയെ വിജ്ഞാപിക്കുന്നു ശ്രദ്ധിക്കാൻ പറഞ്ഞല്ലേ ഉള്ളൂ ഇനി ശ്രദ്ധിച്ചു വരണ്ടേ അതിന് സമയം വേണ്ടേ അതുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു ജഗത മൂലം കസ്മാ ഉപലഭ്യത ശരി മനസ്സിലായി സൂക്ഷ്മം തന്നെയാണ് ജഗത്തിന്റെ മൂലം പക്ഷെ ജഗത്ത് ഉപലബ്ധമാണ് കാരണോപലബ്ധാ ഇതെന്തുകൊണ്ട് ശരി അതും മനസിലാക്കാം ഇങ്ങനെയൊന്നും വരാൻ പാടില്ല എന്നാണ് ചോദ്യം ചോദിക്കുന്ന ആളുടെ മനസ്സി ഉത്തരം പറയുന്ന ആളുടെ മനസ്സിലെന്താണ് ഇങ്ങനെയൊക്കെ ആകാം കാര്യം കാണാം കാരണം കാണാതിരിക്കുക ഇതൊക്കെ ജഗത് നിയമങ്ങളാണ് സൃഷ്ടി നിയമങ്ങളാണ് അത് സംഭവിക്കാൻ പാടില്ല എന്ന് ഇതിന്റെ അല്പമായ ബുദ്ധി പറയുന്നതാണ് അതാണ് ഇതിന്റെ താത്പര്യം കാരണം സൂക്ഷ്മമായിരിക്കുമ്പോൾ കാര്യം സ്ഥൂലമാകാമോ ഇത് ഈ ബുദ്ധി പറയുന്നതാണ് അങ്ങനെ പറ്റില്ല പക്ഷെ അതെന്താണ് സൃഷ്ടിയുടെ നിയമമാണത് അതിന്റെ നിയമമായി വിരഹിച്ചു കഴിഞ്ഞാൽ അതാണ് നിയമം തന്റെ കൽപ്പന നിയമം താൻ കൽപ്പിച്ചൊന്നും അല്ല ഇതുണ്ടാക്കുന്നു സൃഷ്ടിയുടെ ഒരു നിയമമാണത് കാരണം സൂക്ഷ്മമായിരിക്കും കാര്യം സ്ഥൂലമായിരിക്കും കാര്യത്തെ ആഗ്രഹിക്കും കാരണത്താഗ്രഹിക്കുമായിരിക്കും അങ്ങനെയുള്ള നിയമങ്ങൾ ഈ സൃഷ്ടിയിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് സൃഷ്ടാവ് ഈ ബുദ്ധിക്ക് ബോധ്യപ്പെടത്തക്ക രീതി അതിനാണ് ഉദാഹരണം എന്ന് പറയുന്നത് ആ ഉദാഹരണം പൂർണമായതുകൊണ്ടല്ല ആ നിയമങ്ങൾ നമുക്ക് സൃഷ്ടിയിൽ തന്നെ കാണാം ഉള്ളതിനെ കാണാതിരിക്കുക സൂക്ഷ്മം കാണാതിരിക്കുക സ്ഥൂലത്തെ കാണുക കാര്യത്തെ കാണുക കാരണത്തെ കാണുക അത് സൃഷ്ടി തന്നെ ഉണ്ടാകുന്ന ഈ തത്വം മനസ്സിലാക്കാൻ വേണ്ടി സൃഷ്ടിയിൽ സൃഷ്ടാവ് തന്നെ വിന്യസിച്ചിരിക്കുന്നതാണ് ഈ നിയമങ്ങൾ അതിനാണ് ഉദാഹരണം അത് വ്യക്തമാക്കി കൊടുക്കാൻ ശ്രമിക്കുക ഈ സൃഷ്ടിയിൽ നിന്നാണ് അത് മനസ്സിലാക്കണം അതിനപ്പുറം സൃഷ്ടാവിന്റെയും സൃഷ്ടാവിന്റെ നിയമമൊന്നും ഈ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കുന്നു ഇവിടെ എന്തിനുവേണ്ടി എന്തുകൊണ്ടത് അനുഭവപ്പെടുന്നില്ല കസ്മാപലബ്യതയത് ദൃഷ്ടാന്തേന ഭഗവാൻ ഭൂയവ വിജ്ഞാപയു ഇത് തഥാസ്വാമി ഒരേ തത്വത്തെ തന്നെ പല രീതി വിശദീകരിക്കുന്നു പല മാനങ്ങളിലൂടെ അതിനെ വെളിപ്പെടുത്തുന്നു കാരണം ഒരേ തത്വത്തെ കുറിച്ച് തന്നെ പലതരത്തിലാണ് ഉള്ളിൽ അപ്പോൾ പലതരത്തിലും സമാധാനം പറയേണ്ടി വരും പറയുന്നത് അദ്വൈതത്തിലെ പ്രക്രിയ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ചിന്താ രീതികൾ പലതരത്തിലുള്ള വികല്പങ്ങൾക്കനുസരിച്ചുള്ള പരിഹാരങ്ങൾ സംശയങ്ങൾക്കനുസരിച്ചുള്ള സംശയം പലതരത്തിലുള്ള അജ്ഞാനങ്ങൾക്ക് നിരാകരണം അതിന് പല മാർഗങ്ങളും സ്വീകരിക്കുന്നു അടുത്ത് എന്തുകൊണ്ടിത് അനുഭവപ്പെടുന്നില്ല അതിന് സമാനം പറയുന്നു അവധായ പ്രാതീത സഭോവാച യോഷ ലവണമുദഗേ അബാധ അംഗതദാഹരിവമൃദ തലീനം ണണമിപ്രാസ്യധ <coughs> മോ ഉപീദർത്തോവാചാവല സത് സോമ്യന നിഭയസേ അത്രേതി സ എോ അണിമാ എമിദം തത്മാമസി ചേദഗേതു ഭൂയേ മാ ഭഗവാൻ വിജ്ഞാത തധി ഉച്ചച